മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമധ്യം മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയേയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരേസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീ നാദാബിനെ ജനിപ്പിച്ചു അമീ നാദാബ് നഹോ ഷോനെ ജനിപ്പിച്ചു നഹശോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ രാഹാബിൾ ബോവാസിനെ ജനിപ്പിച്ചു ബോവസ് രൂത്ത് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവിദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോനെ ജനിപ്പിച്ചു ശലോമോൻ റഹബിയാമിനെ ജനിപ്പിച്ചു റഹബിയാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യോഷാത്തിനെ ജനിപ്പിച്ചു യോഷാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു യോരോം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു യോഥാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു ഹിസ്ക്യാവ് മനുഷ്യയെ ജനിപ്പിച്ചു മനുഷ്യ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യഖോന്യാവേയും അവന്റെ സഹോദരന്മാരേയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ഷെയ്തിയേലിനെ ജനിപ്പിച്ചു ഷെയ്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എല്യാഖീമിനെ ജനിപ്പിച്ചു എല്യാഖീം ആസോറിനെ ജനിപ്പിച്ചു ആസോ സാദോഖിനെ ജനിപ്പിച്ചു സാദോഖ് ആഹീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസരെ ജനിപ്പിച്ചു എലിയാസർ മഥാനെ ജനിപ്പിച്ചു മഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആ മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലു ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫനു വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമുമ്പേ പരിശുദ്ധാത്മാവനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവിദന മകനായ യോസേഫെ നിന്റെ ഭാര്യയായ മരിയെ ചേർത്തു കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെയെന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതം കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു അവനെ പ്രസവിക്കും വരെ അവനവളെ പരിഗ്രഹിച്ചില്ല മകനു അവൻ യേശു എന്ന് പേർ വിളിച്ചു